We shall <laughs> be living inEsglish as the general understanding of which and March. I will maintain a number of age in January Every day we take part of the world of Malayalam The words of Holy Shri prz Bash ചിങ്ങം കഴിഞ്ഞല്ലേ ചിങ്ങം ചിങ്ങം കന്നി തുലാമഴയൊക്കെ കഴിഞ്ഞു പ്രതർ അപ്പം മലയാളം ഏത് ധനുവാണ് ഓക്കെ അപ്പം അപ്പം മലയാള മാസത്തിന് അടിസ്ഥാനത്തിൽ തുടങ്ങുന്നത് വേറെ എനിക്ക് ശരിക്കും അറിയില്ലേ ഏത് മാസമാണ് ചിങ്ങത്തിലാ തുടങ്ങുന്നത് ഓ പ്രധ് തുടങ്ങുന്ന മാസമാണ് പറഞ്ഞത് അതെ ജനുവരിക്ക് ചിങ്ങമാണ് വർഷം തുടങ്ങുന്നത് അപ്പം എന്തായാലും നമ്മെ സംബന്ധിച്ചോളം ആ ഒരു തീയതിക്കൊരു വലിയ പ്രസക്തി ഇല്ല എന്ന് നേരത്തെയും ബ്രദറ് പറയുകയുണ്ടായി എന്നാൽ നമ്മെ സംബന്ധിച്ചോളം എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുന്നതും ഒരു ചില തീരുമാനങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം നമുക്കുണ്ടാവുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ വീണ്ടും നമുക്ക് നമ്മെ ഉത്സാഹിപ്പിക്കാനായിട്ട് നമുക്കത് വളരെ നല്ലതാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ശരി സാധാരണ ഈ ജോലിസ്ഥലത്തൊക്കെ പോയിരുന്ന അവിടെ ഇരുന്നിട്ട് നമ്മുടെ നോട്ട് പാഡ് എടുത്തിട്ട് രാവിലെ ചെല്ലുമ്പം ഒരു ടു ഡു എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ എഴുതി വയ്ക്കും അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ടു ഡു അപ്പം ഓക്കെ അത് കഴിയുമ്പോൾ കുറേ പിന്നെ ശരി അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിന് നമ്മുടെ ചിന്തകളെ നമുക്ക് കേന്ദ്രീകരിക്കാനായിട്ട് പുതിയ വർഷം ഒരു ടു ഡു ലിസ്റ്റ് ഉള്ളത് നല്ലതാണ് അപ്പോൾ ഒരു ടു ഡു മാത്രമല്ല നോട്ട് ടു ഡു അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാനും ചില കാര്യങ്ങൾ ചെയ്യും നമ്മൾ സാധാരണ ജോലി സ്ഥലത്തൊക്കെ നമുക്ക് നോട്ട് ടു ഡൂ എന്നും പറഞ്ഞിട്ട് ലിസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ രണ്ട് ചെറിയ ലിസ്റ്റ് ഉള്ളത് നല്ലതാണ് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് അങ്ങനെയുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് എന്നെയും നമ്മെയും സഹായിക്കുന്ന ചില ടു ഡു നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായ നമ്മൾ എന്ത് ചെയ്യരുതാത്ത ചില കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഞാൻ പങ്കുവയ്ക്കട്ടെ അതിനെ ആസ്പദമാക്കിയുള്ള ഒന്നോ രണ്ടോ വാക്യങ്ങളും നമുക്ക് പെട്ടെന്ന് വായിച്ച ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം ഒന്ന് ടു ഡു ഐ വിൽ ജഡ്ജ് മൈസെൽഫ് ഇൻ ഓൾ സർക്കം എല്ലാ സാഹചര്യത്തിലും ഞാൻ എന്നെ തന്നെ വിധിക്കും ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ നമുക്കെപ്പോഴും ഏതൊരു സാഹചര്യത്തിലും നമ്മൾ മറ്റുള്ളവരുടെ കുറവിനെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നമ്മൾ കാണാൻ പറ്റും പക്ഷെ എപ്പോഴും എന്നിലേക്ക് നമുക്കൊരു കണ്ണ് ഉണ്ടെങ്കിൽ കർത്താവ് ഈയൊരു സാഹചര്യത്തിലെ ഈ ഒരു പ്രത്യേക അവസരത്തിൽ എൻ്റെ സംസാരം എൻ്റെ ചിന്താഗതി എൻ്റെ മനോഭാവം എൻ്റെ പ്രവർത്തനം അവിടെ കർത്താവെ ഞാൻ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ശരിയാക്കാനുണ്ടോ എന്നുള്ള ഒരു ചിന്ത അത് പുലി പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കും ഒന്ന് വരുന്നതിൽ പതിനൊന്നാം അധ്യായത്തിൽ നമ്മളെപ്പോഴും അപ്പം മുറിക്കുന്നതിന് മുമ്പ് പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നാം സ്ഥിരമായിട്ട് വായിക്കാറുള്ളൊരു വാക്യമാണ് നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കുക പെടുകയില്ല അതുപോലെ തന്നെ രണ്ട് കുരിന്തിരിലും ഒരു വാക്യമുണ്ട് രണ്ട് കുരിന്തിർ പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം രണ്ട് കുരിന്തിർ പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുകയും നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും അപ്പം നമ്മെ തന്നെ വിധിക്കുന്നത് നമ്മെ തന്നെ ശോധന ചെയ്യുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കുവാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഒന്നാമതായി ഞാൻ എന്നെ തന്നെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ വിധിക്കും ഞാൻ പെട്ടെന്ന് ചില പോയിൻസ് പറഞ്ഞ് ഞാൻ തുടർന്ന് നമുക്ക് സാക്ഷ്യത്തിനായിട്ട് ഉള്ള അവസരം നമുക്കെടുക്കാം രണ്ടാമതായി ഐ വിൽ ബി ക്യു ടു സെറ്റ് മാറ്റേഴ്സ് റൈറ്റ് വിത്ത് ഗോഡ് ആൻഡ് മെൻ ദൈവത്തോടും മനുഷ്യരോടും കാര്യങ്ങൾ നിരപ്പ് പ്രാപിക്കുന്നതിന് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് ഞാൻ വളരെ വേഗത കാണിക്കും വളരെ പെട്ടെന്ന് ഐ വിൽ ബി ക്യുക്ക് ടു സെറ്റ് മാറ്റേഴ്സ് റൈറ്റ് വിത്ത് ഗോഡ് ആൻഡ് മേൻ അപ്പോൾ അതും നമുക്ക് പലപ്പോഴും നമ്മെ തന്നെ വിധിക്കുമ്പോൾ ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് തെറ്റാണ് എന്ന് മനസ്സിലാവും നമ്മുടെ ചില മനോഭാവം ഓ ചില കാര്യങ്ങൾ ദൈവം ഓർപ്പിക്കും അവിടെ നീ ഒരു ക്ഷമ ചോദിക്കാനുണ്ട് ഈ കാര്യം തിരിച്ചു കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിൻ്റെ ഒരു തെറ്റായിരുന്നു പലപ്പോഴും നമ്മളെന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കത് തെറ്റാണെന്ന് ബോധ്യം കിട്ടിക്കഴിഞ്ഞാലും പലപ്പോഴും വി സ്ലീപ്പ് ഓവർ ദാറ്റ് അത് നമ്മൾ പിന്നെ അങ്ങോട്ടൊരു ഒരു ഒരു സ്റ്റെപ്പ് എടുക്കത്തില്ല ഒരു ആക്ഷൻ എടുക്കില്ല അത് തെറ്റാണെന്ന് മനസ്സിലായി ആ പിന്നെ കുറച്ച് കഴിയുമ്പം നമ്മൾ ഒരു ദിവസം കഴിയുമ്പം നമ്മുടെ ആ തെറ്റാണെന്നുള്ള ബോധ്യം കുറച്ച് ക്രമേണ അതങ്ങ് അപ്രത്യക്ഷമാകുന്ന പോലെ തോന്നുന്നു മനസ്സാക്ഷി അങ്ങ് കഠിനമാകും പക്ഷേ ആ തെറ്റാണ് എന്ന് നമ്മൾക്ക് ബോധ്യം തന്നാൽ ഉടനെ ആ കാര്യത്തെ ദൈവത്തോടും നമ്മൾ ക്ഷമ ചോദിക്കും നമുക്ക് പറ്റുന്ന അളവ് മനുഷ്യരോട് നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ക്ഷമ ചോദിക്കാനും നിരപ്പ് പ്രാപിക്കാനും ആ രീതിയിൽ നമുക്ക് ക്രമപ്പെടുത്താനും പറ്റുകയാണെങ്കിൽ നല്ലതാണ് മത്തായി അത് ആവശ്യമാണ് മത്തായി അഞ്ചിൻ്റെ ഇരുപത്തിനാലിൽ യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞല്ലോ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ അപ്പോഴാണ് ഓർമ്മ വരുന്നത് ഒരാൾക്ക് നമ്മോട് ചില പ്രശ്നങ്ങളുണ്ട് ഓർമ്മ വരുമ്പോൾ ഉടനെ നീ പെട്ടെന്ന് ആ കാര്യം ക്രമപ്പെടുത്താനാണ് കർത്താവ് പറഞ്ഞ് അതവിടെ വെച്ചിട്ട് പോയി നീ നിരപ്പ് പ്രാപിച്ച ശേഷം വന്ന് നീ യാകം കഴിക്കാനായിട്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ കാര്യത്തിൽ നമുക്കൊരു ശുഷ്കാന്തി വേണം എന്ന് ദൈവം കർത്താവ് ആഗ്രഹിക്കുന്നു മൂന്നാമതായി അപ്പോൾ രണ്ടാമതായി പറഞ്ഞത് ഞാൻ കാര്യങ്ങൾ ദൈവത്തോടും എൻ്റെ തെറ്റുകൾ ദൈവത്തോടും മനുഷ്യരോടും ഞാൻ ക്രമപ്പെടുത്തുന്നതിൽ ഞാൻ വളരെ വേഗതയോടുകൂടെ ഞാൻ ശുഷ്കാന്തിയോടെ ആ കാര്യങ്ങൾ ചെയ്യും മൂന്നാമതായി i will do all that i need to do wholeheartedly நான் செய்யணும்னு தேவன் ஆग्रह කරන எல்லா காரியங்களும் நான் पूर्ण இதயத்தோட செய்வேன் நான் உற்சாகத்தோடும் पूर्ण இதயத்தோடும் செய்வேன் நான் செய்யணும்னு தேவன் ஆग्रह කරන ഓരോ காரியங்களும் पूर्ण இதயத்தோட செய் அப்போ பலപ്പോഴും നമ്മൾ அர்த்த മനസ്കര ആയിട്ടാണ് പല காரியങ്ങളും ചെയ്യുന്നത് ఆది மனசோட നമ്മൾ ഇവിടെ നമ്മുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ചിലരൊക്കെ പഠിക്കുന്നതും അർത്ഥമനസ്കരമായിട്ടാണ് പഠിക്കുന്നത് ചിലർ പിന്നെ അവരുടെ എന്ത് കാര്യങ്ങളിലും അവരൊരു ആ ചെയ്യുന്ന കാര്യം അത് കർത്താവാണെങ്കിൽ അല്ലെങ്കിൽ ശിഷ്യന്മാരാണെങ്കിൽ അവരൊക്കെ ചെയ്യുന്ന കാര്യം അവർ പൂർണ്ണ ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടു കൂടെ ചെയ്തു അപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ടത് ജോലിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ചർച്ചിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അവിടെയും നമ്മൾ ഒരു പൂർണ്ണ ഹൃദയത്തോടെ ഈ കാര്യങ്ങൾ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നമ്മൾ നമുക്കൊക്കെ താല്പര്യമുണ്ട് വചനം വായിക്കണം പ്രാർത്ഥിക്കണം നമുക്ക് അങ്ങനെ ഒരു ഡിസിപ്ലിൻ അങ്ങനെ ഒരു ശീലങ്ങൾ വേണം അപ്പോൾ അത് ചെയ്യുന്ന കാര്യവും ഞാൻ എൻ്റെ ഏറ്റവും ഉറക്കം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അർത്ഥമനസ്കരായിട്ട് പകുതി ഉറങ്ങിക്കൊണ്ട് ഞാൻ ചെയ്യാതെ ആ കാര്യവും ഞാൻ ഒരു പൂർണ്ണ ഹൃദയത്തോടെ എനിക്ക് പുതിയ വർഷം ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അത് വളരെയധികം മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും നമ്മൾ മർക്കോസ് പന്ത്രണ്ടിൻ്റെ മുപ്പത് മർക്കോസ് പന്ത്രണ്ടിൻ്റെ മുപ്പതിൽ അവിടെ കർത്താവിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം അപ്പോൾ അവിടെ ഒട്ടും ഒരു അർത്ഥമനസ്കഥ ഒട്ടും ഇല്ലാത്ത രീതിയിലാണ് കർത്താവ് പറയുന്നത് പൂർണ്ണാത്മാവോട് പൂർണ്ണശക്തിയോട് പൂർണ്ണ മനസ്സോട് സ്നേഹിക്കണം അതുപോലെ നമ്മൾ സഭാപ്രസംഗിയിൽ ഒരു വാക്കിയുണ്ട് നമ്മുടെ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണ ഹൃദയത്തോട് ഒമ്പതാം അധ്യായത്തിൻ്റെ പത്താം വാക്യമാണ് ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക എന്നാണ് അവിടെ പറയുന്നത് പത്താം വാക്യം വട്ട് എവർ യുർ ഹാൻഡ് ഫൈൻസ് ടു ഡു ഇറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഒരു മനോഭാവമാണ് അപ്പോൾ നമ്മുടെ ഒരു മനോഭാവം നമ്മൾ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിച്ച് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ വീട്ടിലുള്ള കാര്യമാകട്ടെ നമ്മുടെ കോളേജിലുള്ള ജോലിസ്ഥലത്ത് സ്കൂളിൽ സഭയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ആത്മീക വളർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രാർത്ഥന വചനാധ്യാനം മീറ്റിങ്ങുകളിലുള്ള നമ്മുടെ പങ്ക് പങ്ക് നമ്മൾ മറ്റുള്ള ആരോടെങ്കിലും നമുക്ക് നമ്മളൊരു കർത്താവിനെക്കുറിച്ച് പറയുന്ന കാര്യം എല്ലാറ്റിനകത്തും ഒരു പൂർണ്ണ മനസ്സോടെ ഉള്ള ഞാൻ ഒരു ഒരാളിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അദ്ദേഹം സുശേഷ പ്രസംഗം നടത്തിയപ്പോൾ ഇംഗ്ലണ്ടിലോ മറ്റോ സംഭവിച്ചൊരു കാര്യമാണ് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ അദ്ദേഹം വളരെ വിരസമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത് കേട്ട ഒരാൾ പിന്നീട് അദ്ദേഹത്തെ ഒരു ഒരു അദ്ദേഹം ദൈവത്തെ അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനുശേഷം ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ സത്യത്തിൻ്റെ ചില ഗൗരവം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുക എനിക്ക് ഞാൻ എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല എനിക്ക് തോന്നുന്നു ജയിലിൽ മരിക്കാനോ മറ്റോ വിധിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഈ ജയിലിൽ അതെ ജയിലിൽ തൂക്കിക്കൊലക്കി വിധിക്കപ്പെട്ട ഒരാൾ അപ്പോൾ ഈ ജയിലിൽ വന്ന് ഈ ഒരു മുറ പോലെ സുവിശേഷം പറയുന്ന വന്ന് പ്രസംഗിച്ച ഒരാളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിത്യതയെക്കുറിച്ചുമൊക്കെ വളരെ ഒരു മുറ പോലെ സംസാരിക്കുന്നത് കണ്ടിട്ട് ഈ മരിക്കാനായിട്ട് കിടക്കുന്ന അദ്ദേഹം ഇയാളോട് ചോദിച്ചു നിങ്ങൾ ഒരു മരണശേഷമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങളുടെ രീതിയും നിങ്ങളുടെ സംസാര രീതിയും ഇതൊക്കെ കണ്ടിട്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നിൽ യാതൊരു മാറ്റവും ഒഴിവാക്കുന്നില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നത് സത്യമായിരുന്നെങ്കിൽ ഇത് എൻ്റെ മരണത്തിനപ്പുറത്ത് ഒരു ജീവനുണ്ട് ഈ കാര്യത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ അത് ശരിക്കും സത്യമായിരുന്നെങ്കിൽ ഞാൻ ഈ ഇംഗ്ലണ്ടിൻ്റെ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എൻ്റെ മുട്ടിൽ നടന്നിട്ടാണെങ്കിലും ഞാനിതെല്ലാവരോടും മുഴുവത്തോടെ ഞാൻ പറയുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പലപ്പോഴും നമ്മളും ഈ ആത്മീയ കാര്യങ്ങളാണെങ്കിലും ആത്മീയ കാര്യങ്ങൾ നമ്മൾ വ്യാപൃതരാകുമ്പോൾ അർത്ഥമനസ്കരായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് പുതിയ വർഷത്തിൽ കുറച്ചും കൂടെ ഉത്സാഹത്തോടെ ആത്മീയ ശുഷ്കാന്തിയോടെ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ദൈവം എന്നെയും നമ്മയും സഹായിക്കട്ടെ അതുപോലെ നാലാമത് ഐ വിൽ ബി ഡിസിപ്ലിൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ഇൻ ഓൾ ദാറ്റ് ഐ ഡു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ ഡിസിപ്ലിൻഡായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ഞാൻ ചെയ്യും ഞാൻ ഡിസിപ്ലിൻഡായിട്ട് ഡിസിപ്ലിൻഡായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അച്ചടക്കത്തോടെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു കൃത്യ സമയത്ത് അല്ലെങ്കിൽ ഒരു ഇത്ര ഇത്രയും സമയം പലപ്പോഴും കുട്ടികളൊക്കെ പലരും പഠിക്കുന്നവർ അവർ പരീക്ഷയുടെ തലേ ദിവസം ഒന്നും പഠിച്ചില്ല ഒന്നും പഠിച്ചില്ല ഒന്നും പഠിച്ചില്ല തീർന്നില്ല തീർന്നില്ല അപ്പം ബാക്കി സെമസ്റ്ററിൻ്റെ അല്ലെങ്കിൽ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ മുഴുവൻ ഇങ്ങനെ സമയം പാഴായിക്കൊണ്ടിരിക്കും ഉറുമ്പിൽ നിന്ന് ബുദ്ധിയെ പഠിക്കാനായിട്ട് സെർച്ച് വാക്യങ്ങളിൽ നമ്മൾ നോക്കി നമുക്ക് ചെറിയ ബൈറ്റാണ് നമുക്ക് തിന്നാൻ പറ്റുന്നത് നമുക്ക് ക്രമേ കുറേശ്ശേ കുറേശ്ശേ കുറേശ്ശേ അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും ആത്മീയമായ കാര്യങ്ങളാണെങ്കിലും നമുക്ക് അങ്ങനെ ഡിസിപ്ലിൻഡായിട്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും ഒന്നുകൊരു ഇന്ത്യർ ഒമ്പതാം അധ്യായത്തിൽ പൗലൂസ് അത് പറയുന്നുണ്ട് പൗലൂസ് പറയുന്നത് ഞാൻ ആകാശത്തേക്ക് നോക്കി മുഷ്ടിയുദ്ധം ചെയ്യുന്ന ഒരാളിനെ പോലെയല്ല ഞാൻ ഒരു കൃത്യതയോടുകൂടെയാണ് ഞാൻ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒമ്പതാം വാക്യത്തിൽ പൗലൂസ് പറയുന്നുണ്ട് ഞാൻ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലോ നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളും ഓടുകയും അപ്പോൾ ഒരു അത്ലറ്റിൻ്റെ ഒരു ഡിസിപ്ലിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പൗലോസ് പറയുകയാണ് നിങ്ങൾക്കങ്ങനെയൊരു ഒരു ഒരു ഡിസിപ്ലിനോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ആകെയാൽ ഇരുപത്തിയാറ് ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് ആകാശത്തിലേക്ക് കുത്തുന്നത് പോലെ മുഷ്ടിയുദ്ധം അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളൊരുദാത്തവനായി പോകാതിരിക്കേണ്ടത് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയാണ് അത്രേ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ ഭക്ഷണത്തിനോടുള്ള താല്പര്യം ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉറക്കത്തിനോടുള്ള താല്പര്യം നമുക്ക് മൊബൈലിനോടുള്ള താല്പര്യം മെസ്സേജുകൾ ഇത്രയും ഞാൻ കുറച്ച് സമയം വാട്സാപ്പ് മെസ്സേജ് നോക്കണം പക്ഷേ ഞാനൊരു പത്ത് മിനിറ്റ് നോക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയ ആളുകൾ പലരും ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ മിനിറ്റ് കഴിഞ്ഞോ എന്ന് നോക്കുന്ന പല പല പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അല്ലാതെ ഈ കാര്യത്തിലൊക്കെ നമുക്കൊരു ഡിസിപ്ലിൻ നമുക്ക് വചനം വായിക്കുന്നതിന് പുതിയ പുതിയ വർഷം നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് എല്ലാറ്റിനകത്തും നമുക്ക് ഒരു ഡിസിപ്ലിനും സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം വ്യത്യാസങ്ങൾ നമുക്കുണ്ടാക്കുവാനായിട്ട് പറ്റും അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ചടക്കത്തോടും ക്രമമായും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ ഞാൻ ചെയ്യും അഞ്ചാമതായി എല്ലാ സാഹചര്യത്തിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും ഭയത്തിനും നിരാശയ്ക്കും ഇടം കൊടുക്കാതെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും ഐ വിൽ ട്രസ്റ്റ് ഗോഡ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് വിതഔട്ട് ഗിവിങ് ഇൻറ്റർ ഫിയർ ഓർ ഡിസ്കറേജ്മെൻറ്റ് ഫിലിപ്പിയ ലേഖനം നാലാം പൗലൂസ് പറയുന്ന ഒരു വാക്യമുണ്ട് എന്നെ നാലാമദ്ധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യമാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരും ഞാൻ സകലത്തിനും മതിയാകുന്നു അപ്പം നമുക്ക് മുമ്പിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ നമ്മെ ഭയപ്പെടുത്തുന്ന നമ്മൾ ഇന്ന് കേട്ടു മല്ലന്മാരെ പോലെയുള്ള വലിയ ജയൻസിനെ പോലെയുള്ള കാര്യങ്ങൾ വരുന്നു പക്ഷേ കാലേബിനും ജോഷി വൈക്കും ഒരു വേറെ വ്യത്യസ്തമായ ഒരു ആത്മാവുണ്ടായിരുന്നു ഇവിടെ പൗലൂസ് പറയുന്നതും അതേ ഒരു ആത്മാവാണ് ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവോടെ നമുക്ക് കാര്യങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം ഈ പുതിയ വർഷത്തിൽ അതുപോലെ തന്നെ പൗലൂസ് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപ ഹിസ് ഗ്രേസ് എസ് സഫിഷ്യൻ നിന്റെ കൃപ എനിക്ക് മതി നിൻ്റെ കൃപ എനിക്ക് മതി നിൻ്റെ കൃപ എനിക്ക് ഈ സാഹചര്യത്തിൽ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും ആ ഒരു ഉറപ്പോടെ ഇപ്പോൾ നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ടു ഡ്യൂ ലിസ്റ്റിൽ എല്ലാ സാഹചര്യത്തിലും ഞാൻ എന്നെ തന്നെ വിധിക്കും ദൈവത്തോടും മനുഷ്യരോടും ഞാൻ കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നതിൽ ഞാൻ ശുഷ്കാന്തി കാണിക്കും ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ ക്രമപ്പെടുത്തും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരു അർത്ഥമനസ്കനായിട്ടല്ല പൂർണ്ണമനസ്കനായി ഞാൻ ചെയ്യും ഞാൻ അച്ചടക്കത്തോടും ക്രമമായും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും ഞാൻ എല്ലാ സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കും ഭയത്തിനും നിരാശയ്ക്കും ഇടം കൊടുക്കാതെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഇത് ഈ കൊച്ചു ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അതിനകത്ത് ആ കാര്യത്തെ എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ കിടപിടിക്കാൻ എനിക്കത് ആത്മാർത്ഥമായിട്ട് പിൻപറ്റാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെയധികം എൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയാം ഐ വിൽ നോട്ട് എൻ്റർടൈൻ ഹൈ തോട്ട്സ് അബൌട്ട് മൈസെൽഫ് ഓർ റോങ് തോട്ട്സ് അബൌട്ട് അതേഴ്സ് എന്നെക്കുറിച്ചുള്ള നികള ചിന്തകൾ എന്നെക്കുറിച്ചുള്ള ഉന്നത ചിന്തകൾ ഞാൻ താലോലിക്കുകയില്ല അല്ലെങ്കിൽ മറ്റ് മറ്റുള്ളവരെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ ഞാൻ താലോലിക്കുകയില്ല നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും എന്തൊക്കെ എന്താ കയറി വരാറുള്ളത് ഞാൻ എത്ര സ്മാർട്ടാണ് ഞാൻ എത്ര എഫിഷ്യൻറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഞാൻ പാടിയ പാട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എൻ്റെ പഠിത്തം അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സില് എപ്പോഴും നമ്മുടെ കഴിവുകൾ നമ്മുടെ ആര് നമ്മുടെ കുറവുകളെ കുറിച്ച് നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് ഒന്നും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാറില്ല പക്ഷേ നമ്മൾ നമ്മുടെ മിടുക്കിനെക്കുറിച്ച് കഴിവിനെക്കുറിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു പ്രവണത നമ്മുടെ ആദാമ്യ സ്വഭാവത്തിലുണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമുക്ക് ഈ ചിന്തയിൽ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത് നമ്മുടെ നീളം നമുക്കുണ്ടാകുമ്പോൾ ദൈവത്തിന് നമുക്ക് കൃപ നൽകാനായിട്ട് പറ്റുന്നില്ല പക്ഷേ നികളചിന്തകളെ നാം താലോലിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചോളം ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൃപക്കിൽ നിന്ന് നമ്മൾ അന്യമായി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെയുള്ള എന്നെക്കുറിച്ച് നമ്മെക്കുറിച്ചുള്ള ഉന്നത ചിന്തകൾ നമ്മുടെ കേമത്തരം നമ്മുടെ മെടുക്ക് നമ്മുടെ സാമർത്ഥ്യം എന്നുള്ള ചിന്തകൾ ഉള്ളിലേക്ക് വരുമ്പോൾ ബോധപൂർവ്വം അതിനെ ഒഴിവാക്കാനായിട്ട് അത് വേണ്ട ഒരു പക്ഷേ പെട്ടെന്നായിരിക്കും മനസ്സിലായി കുറച്ച് കഴിഞ്ഞ് ചിന്തിച്ച് കഴിയുമ്പോഴും ഓ ഞാനിപ്പോൾ എന്താ ചിന്തിക്കുന്നത് ഞാനിത് ഒട്ടും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഈ കാര്യമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ തട്ടിക്കളയാന് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് എന്നാലും അവനിങ്ങനെ പറഞ്ഞല്ലോ എന്നാലും അങ്ങനെ ചെയ്തല്ലോ എന്നാലും എന്നോടങ്ങനെ പറഞ്ഞല്ലോ എന്നാലും എന്നോട് പറഞ്ഞ ഈ രീതി ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞല്ലോ എന്നെ മുറിവേൽപ്പിക്കുന്ന പോലെ സംസാരിച്ചല്ലോ എന്നെ ഇത്രയും ഇങ്ങനെയുള്ള മറ്റുള്ളവരെക്കുറിച്ചുള്ള ഇങ്ങനെ ചിന്ത ഇങ്ങനത്തെ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അത് കയറി വരുമ്പോഴും നമുക്കതിനെ തള്ളിക്കളയാം അപ്പോൾ എന്നെക്കുറിച്ചുള്ള എളിയ ചിന്തകൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് തലോലിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ എത്രയോ നല്ലതാണ് നമ്മൾ എത്രയോ സ്ഥലത്ത് ദൈവവചനത്തിൽ ഈ കാര്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിലിപ്പ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള നല്ല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പോയി വായിക്കാം ഫിലിപ്പ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം അവിടെ നമ്മൾ നേരത്തെ വായിച്ച ആ ഭാഗത്തിൻ്റെ തൊട്ട് അടുത്ത ഭാഗത്ത് ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചു കൊള്ളുകയും നിർമ്മലമായത് സമാധാനവുമായി ബന്ധപ്പെട്ടത് സത്യമായത് ഖനമായത് ഒരു കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അവിടെ പറയും സദർശ സദൃശവാക്യങ്ങൾ നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നാം അധ്യായം സകല ജാഗ്രതയോടും എൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക ജീവൻ്റെ ഉറവ അവിടെ നിന്നാണ് ഇപ്പോൾ ജീവൻ്റെ ഉറവയായ ഹൃദയത്തെ സകല ജാഗ്രതയോടും സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഈ തരത്തിലുള്ള വാക്യങ്ങൾ ദൈവത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളെ ഞാൻ ഇടിച്ചുകളയും ഞാൻ പിടിച്ചടക്കി ഞാൻ ഇടിച്ചുകളയുമെന്ന് പൗലൂസ് പറയുന്നു ദൈവത്തിന് വിരോധമായി നമ്മുടെ ഉള്ളിൽ ഉയർ ഉയർന്നു വരുന്ന ഉയർച്ച ഉന്നത ചിന്തകൾ അതിനെ ഞാൻ ഇടിച്ചുകളയും അതിനെ ഞാൻ പിടിച്ചടക്കും കീഴ്പ്പെടുത്തും എന്ന് പൗലൂസ് രണ്ട് കോരും തീർ പത്താം അധ്യായത്തിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു അപ്പോൾ ഒന്നാമതായിട്ട് ഉന്നത ചിന്തകൾ എന്നെക്കുറിച്ചുള്ള ഉന്നത ചിന്തകൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ താലോലിക്കുകയില്ല രണ്ടാമതായി i will not resist any authority god has placed over me ende mel deivam vechittulla oru adhikaratheyum nan edirkkugilla ende mel deivam vechittulla oru adhikaratheyum nan edirkkugilla ad school college veedu uh, uh, sabha nammade public aayittu nammal jellumbo porathu police aare ഇങ്ങനെയുള്ള പല പലതരത്തിലുള്ള അധികാരങ്ങളെ നമ്മൾ സ്പർശിക്കും ഈ അധികാരങ്ങളോടൊക്കെ നമുക്ക് മത്സരിക്കാനുള്ളൊരു പ്രവണതയാണ് നമ്മളിലുള്ളത് അപ്പോൾ അത് നമ്മൾ മത്സരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഒത്തിരി കൃപ ചോർന്നു പോകുന്നത് ഞാൻ മത്സരിക്കുകയില്ല ഞാൻ എതിർക്കുകയില്ല എന്ന് നമുക്കൊരു ആരോഗ്യകരമായ ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ദൈവമാണ് നമ്മെ സഹായിക്കേണ്ടത് എന്നാലും നമ്മിൽ നമ്മളിൽ ഒരു ചിന്ത ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ നോട്ട് ടു ഡു ഈ കാര്യം ചെയ്യരുത് എന്നുള്ളൊരു ലിസ്റ്റ് നമ്മൾ സൂക്ഷിക്കുന്നത് വീണ്ടും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കാൻ അത് നല്ലതാണ് നമ്മൾ റോമലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമപ്പെട്ടിരിക്കുന്നു നിയമിക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ മറക്കുന്നു മറക്കുന്നവനോ ശിക്ഷവിധി പ്രാപിക്കും അപ്പോൾ നമ്മൾ അധികാരത്തോട് മറക്കുമ്പോൾ ദൈവവ്യവസ്ഥയോടാണ് നമ്മൾ മറക്കുന്നത് മൂന്നാമതായി ഐ വിൽ നോട്ട് ഗോ ബിയോണ്ട് മൈ ബൗണ്ടറി ആൻഡ് ഐ വിൽ നോട്ട് ഇൻവോൾവ് ഓർ ഗിവ് ഒപ്പീനിയൻ എബൗട്ട് മാറ്റേഴ്സ് ദറ്റ് ഡസ് നോട്ട് കൺസേൺ മീ ഐ വിൽ നോട്ട് ബാക്ക് ബൈറ്റ് ഞാൻ എൻ്റെ ഒരു പരുത്തിക്ക് അപ്പുറത്ത് പോകുക പോവുകയും ഞാൻ പല കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുകയില്ല ഞാൻ മറ്റുള്ളവരെ കുറിച്ചുള്ള ഞാൻ പരദൂഷണം ഞാൻ പറയുകയില്ല നമുക്കെല്ലാം ഒരു പരിധിയുണ്ട് ദൈവം നമുക്കൊക്കെ ഒരു പരിധി വച്ചിട്ടുണ്ട് നമ്മൾ സഭാ പ്രസംഗിയിലാണ് നമ്മൾ വായിക്കുന്നത് മതിൽ പൊളിക്കുന്നവൻ മതിൽ പൊളിച്ചാൽ പാമ്പ് കടിക്കും അപ്പം നമുക്ക് നമ്മുടെ ഒരു മതിലുണ്ട് ആ മതിലിനുള്ളിൽ ആ വൃത്തത്തിനുള്ളിൽ നമ്മൾ നിന്നാൽ നമ്മൾ സുരക്ഷിതരാണ് നമുക്ക് അപ്പോസ് ഉള്ള പ്രവൃത്തികൾ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം അപ്പോസ് ഉള്ള പ്രവർത്തികൾ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്താറാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കാലങ്ങളെയും അതിരുകളെയും ദൈവം നിർണയിച്ചിരിക്കുന്നു അപ്പം നമുക്കൊരു കാലം നമുക്കൊരു പരിധി നമുക്കൊരു വൃത്തം ദൈവം നിർണ്ണയിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ വൃത്തത്തിനുള്ളിൽ നമ്മൾ നിന്നാൽ മതി നമ്മൾ പോയി മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഇടപെടാനും മറ്റൊരു കാര്യത്തിൽ നമ്മൾ അഭിപ്രായം പറയാനും മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഇടപെടാനും ചെല്ലുമ്പോൾ നമ്മുടെ കൃപ നമുക്ക് നഷ്ടപ്പെടുന്നു മാത്രമല്ല അപ്പം നമുക്ക് പിശാചിന് നമ്മളെ അവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മളവിടെ ഒരു വാക്യം കൂടെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം സദർശവാക്യം ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് സദൃശവാക്യങ്ങൾ ഇരുപത്തി അഞ്ചിൻ്റെ ആത്മസമ്മയനം സംയം സംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെയാകുന്നു ലൈക്ക് എ സിറ്റി ദാറ്റ് ഇസ് ബ്രോക്കൺ ഇൻ ആൻഡ് വിത്തൌട്ട് വാൾസ് ഇസ് എ മാൻ ഹൂ ഹാസ് നോ കണ്ട്രോൾ ഓവർ എ സ്പിരിറ്റ് അപ്പം ഞാൻ അതിനകത്ത് ഞാനിടപെട്ടുകയും ഞാനൊരു അഭിപ്രായം പറയുകയും ചെയ്തില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല ഒരു അങ്ങനെയുള്ള വ്യക്തി ഒരു ആത്മസമ്മേനമില്ല എല്ലാറ്റിനകത്തും ഇടപെടണം എല്ലാറ്റിനെക്കുറിച്ചും അഭിപ്രായം പറയണം എല്ലാറ്റിനകത്തും അങ്ങോട്ട് പോകണം അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ഇവിടെ ബൈബിൾ വിശ് മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന ഒരു പട്ടണം പോലെയാണ് നമ്മെ വളരെ എളുപ്പത്തിൽ പിശാജിന് നമ്മെ ആ രീതിയിൽ ആക്രമിക്കാനായിട്ട് നമുക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്തവരായി നമ്മൾ പോകും അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മെ തന്നെ നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ നാലാമതായി ഐ വിൽ നോട്ട് അവോയ്ഡ് റെസ്പോൺസിബിലിറ്റീസ് ഗൈ ബൈ ഗിവിങ് സില്ലി എക്സ്ക്യൂസസ് അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ഷൈ അവേ ഫ്രം റെസ്പോൺസിബിലിറ്റീസ് ബൈ ഗിവിങ് സില്ലി എക്സ്ക്യൂസസ് ഞാൻ എന്തെങ്കിലും തമിഴിൽ പറയുന്ന സാക്ക്പോക്ക് ചാക്കുപോക്ക് പിന്നെ സില്ലി എക്സ്ക്യൂസസിന് നമ്മൾ പറയുന്നത് എന്താ മലയാളത്തിൽ നമ്മൾ പറയും ആ മൊടന്തന്യായങ്ങൾ ഞാനൊരു മൊടന്തന്യായങ്ങൾ പറഞ്ഞ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോവുകയില്ല ഒരു ഒരു വാക്യമുണ്ട് എസ്ര എസ്രായുടെ പുസ്തകത്തിൽ എസ്ര പത്താം അധ്യായം എസ്ര പത്താം അദ്ധ്യായത്തിൻ്റെ നാലാം വാക്യം അതിങ്ങനെയാണ് എഴുന്നേൽക്കുക ഇത് നീ നിർവഹിക്കേണ്ടുന്ന കാര്യം ആകുന്നു ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എറൈസ് ഫോർ ദിസ് മാറ്റർ ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ദിസ് മാറ്റർ ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ബട്ട് വി വിൽ ബി വിത്ത് യു ബി കറേജിയസ് ആൻഡ് ആക്ട് അപ്പോൾ അന്ന് അവിടെ ആ ആലയത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട എസ്ര ആളുകളോട് പറയുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ദിസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോ മാറിയാൽ ആ ആ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കൊച്ചു കൊച്ചു കാര്യം മുതൽ നമ്മുടെ വീട്ടിലെ ചെറിയ കാര്യം നമുക്ക് സഭയിലെ ചെറിയ കാര്യം ഇവിടെ നമ്മൾ വന്നു ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ക്ലീനിങ്ങിൻ്റെ ജോബായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടുക്കി വയ്ക്കേണ്ട കാര്യമായിരിക്കാം എൻ്റെ ഒരു ഉത്തരവാദിത്വം ഈ എൻ്റെ ഉത്തരവാദിത്വം നമ്മൾ കഴിഞ്ഞ ദിവസം യൂത്ത് ക്യാമ്പിൻ്റെയൊക്കെ സമയത്ത് വൈകുന്നേരമൊക്കെ ചിലർ വന്നു അപ്പോൾ അവർ ചില ഉത്തരവാദിത്വം എടുത്തതുകൊണ്ട് ആ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നത് ഇതെൻ്റെ ഉത്തരവാദിത്വമാണ് ഓക്കെ ആ അത് അവരുണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുണ്ടല്ലോ അവർ നോയിക്കോളും എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് നമ്മൾ ഒഴിവാകുന്നിടത്തോളം നമുക്ക് അത് പ്രവർത്തിക്കാനുള്ള അവസരവും കിട്ടുകയില്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയും ആ രീതിയിൽ ഉദാസീനതയോടെ നമ്മൾ ചെയ്യുന്നവരായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുകയില്ല നമുക്ക് വേണമെങ്കിൽ ഒരു വാക്യം കൂടെ നോക്കാം രണ്ട് തസ്ലോനിക്കൂർ മൂന്നാമധ്യായം രണ്ട് തസ്ലോനിക്കൂർ മൂന്നാമധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പൗലോസ് ഞാൻ ഒമ്പതാം വാക്യം പൗലോസ് അവിടെ പറയുന്നത് താൻ തനിക്ക് ജോലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഉത്തരവാദിത്വങ്ങൾ പല ഉത്തരവാദിത്തങ്ങൾ ആ രീതിയിൽ ഭൗതികമായി ജോലിയുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ പൗലൂസ് പറയും നിങ്ങളിലാർക്കും ഭാരമായിരിക്കരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലായിരുന്നിട്ടല്ല അനുകരിക്കുവാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിന് അത്രയും അപ്പം പൗലൂസിനെ സംബന്ധിച്ചോളം പൗലൂസ് പല ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട കൈകൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു മാതൃക കാണിച്ചു അവസാനമായിട്ട് ഐ വിൽ നോട്ട് ജസ്റ്റിഫൈ മൈസെൽഫ് ഓർ ബ്ലെയിം അതേഴ്സ് ഫോർ മൈ ഫോൾസ് എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുകയോ മറ്റുള്ളവരെ പഴിചാരുകയോ ചെയ്യില്ല എൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണി കാണിക്കപ്പെടുമ്പോൾ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുകയോ മറ്റുള്ളവരെ പഴിചാരുകയോ ചെയ്യില്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു കാര്യമാണ് നമ്മൾ പരീശന്മാരെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ അവർ ലൂക്കോസ് പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അവർ മനുഷ്യരുടെ മുമ്പിൽ തങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞവരെ വെള്ളതേച്ച് ശവക്കല്ലെറിയെന്നൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ പറയുന്നു യേശ്യാവിൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായത്തിലും നാല് യഥാർത്ഥ ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് വിരൾച്ചുകൂണ്ടുന്നതും വഷളത്വം പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാന് നമ്മൾ വരൽ ചൂണ്ടുമ്പോൾ മറ്റുള്ളവരെ ഒരാളിനെ പോയിന്റ് ചെയ്ത് ആ നീയാണ് നീയാണ് കുഴപ്പക്കാരൻ നിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് വീട്ടിലായിരിക്കാം ഒരു പക്ഷേ ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ മക്കളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ സഭയിൽ അതൊരു സഹോദരി സഹോദരന്മാരിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ജോലിസ്ഥലത്തായിരിക്കാം നമ്മുടെ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എപ്പോഴും എത്രയും പെട്ടെന്ന് നമ്മളെ തന്നെ ന്യായീകരിക്കാനുള്ളൊരു പ്രവണതയാണ് നമ്മുടെ ജഡ്ഡത്തിലുള്ളത് അപ്പോൾ അതിനു പകരം പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ കർത്താവേ ഞാനത് ഏറ്റെടുക്കട്ടെ അത് നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണെന്ന് പറയാതെ പഴിചേരാതെ ആ രീതിയിൽ അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം നമുക്കൊരു പുരോഗതി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞത് നോട്ട് ടു ഡു ഒഴിവാക്കാനായിട്ടുള്ള ലിസ്റ്റിനകത്തുള്ളത് എന്നെക്കുറിച്ചുള്ള ഉന്നത ചിന്തകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ താലോലിക്കുകയില്ല ഒരു അധികാരത്തെയും ഞാൻ എനിക്ക് മേൽ വെച്ചിരിക്കുന്ന ഒരു അധികാരത്തെയും ഞാൻ എതിർക്കുകയില്ല മൂന്ന് എൻ്റെ പരിധിക്ക് എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിന് വെളിയിൽ ഞാൻ പോയി അഭിപ്രായം പറയുകയും കാര്യങ്ങളിൽ ഇടപെടുകയും ഞാൻ പരദൂഷണം പറയുകയും ചെയ്യുകയില്ല നാല് എനിക്ക് ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ ഞാൻ ഏറ്റെടുക്കും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞാൻ ഉടൻ തന്നങ്ങൾ പറഞ്ഞ് ഒഴിവാകുകയില്ല എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുകയോ മറ്റുള്ളവരെ പഴിചാരുകയോ ചെയ്യുകയില്ല അപ്പോൾ ഇത് അഞ്ചും അഞ്ചും പോയിൻസേ ഉള്ളൂ പക്ഷേ അത് നമ്മളത് ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചാൽ അതിനകത്ത് ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ദൈവം നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾ കൊണ്ട് ഇതൊന്നും സാധ്യമല്ല പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ ഞാനും ഈ പുതിയ വർഷം എൻ്റെ ക്രിസ്ത്യ ജീവിതം ആ രീതിയിൽ കുറച്ചുകൂടെ ഗൗരവമായിട്ടെടുത്ത് കുറച്ചുകൂടെ ആ രീതിയിൽ ഡിസിപ്ലിൻഡായിട്ട് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ ശുഷ്കാന്തി ഉള്ളവനായി ദൈവത്തിന് പ്രയോജനമുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് എനിക്ക് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ദൈവം എന്നെയും സഹായിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു നമുക്ക് മറ്റ്